ക്ഷണം എന്താണ് പറഞ്ഞത്വഹാര വിഷയത് കൊണ്ട് ശക്തിരജത സംസർഗം ജ്ഞാനത്തിന് വിഷയമല്ല ജ്ഞാനത്തിന് വിഷയമാണെന്ന് വന്നാൽ ഭ്രമത്തെ അംഗീകരിക്കേണ്ടി വരും അവിടെ വ്യവഹാരം സംഭവിക്കുന്നുണ്ട് അതിന് കാരണം ജ്ഞാനമല്ല പിന്നെന്താണ് അസംസർഗ അഗ്രഹമാണ് അസംസർഗ ആഗ്രഹം കൊണ്ട് വ്യവഹാരം സംഭവിക്കുന്നു അപ്പോ ശുതിരേത സംസർഗം വ്യവഹാരത്തിന് വിഷയമാണ് പ്രവർത്തിക്ക് വിഷയമാണ് ജ്ഞാനത്തിന് വിഷയം അല്ല ജ്ഞാനത്തിന് വിഷയമായി കഴിഞ്ഞാൽ ഭ്രമത്തെ അംഗീകരിക്കേണ്ടി വരും പക്ഷെ വ്യവഹാര വിഷയമാകുന്നതിന് പ്രവർത്തിക്കു വിഷയമാകുന്നതിന് ജ്ഞാനം വേണ്ട എന്തുകൊണ്ട് പ്രവൃത്തി അസംസർഗ ആഗ്രഹം കൊണ്ട് നടക്കും അതുകൊണ്ടാണ് പുരോഗത്തി രജതത്തിൽ പ്രവർത്തിക്കുന്നത് രജതം എന്ന് പറയുന്ന സ്മൃതിയുടെ വിഷയമാണ് മുമ്പിലില്ല ശുദ്ധിയാണ് മുമ്പിലുള്ളത് പക്ഷെ അസംസർഗ ആഗ്രഹ സാരൂപ്യം കൊണ്ട് എങ്ങനെയാണോ സത്യരജത സ്ഥലത്ത് പ്രവൃത്തി നടക്കുന്നത് അതുപോലെ ഇവിടെയും പ്രവൃത്തി സംഭവിക്കുന്നു പ്രവൃത്തി സംഭവിക്കുന്നോണ്ട് അഭിമുഖമായി പ്രവർത്തിക്കുന്നു പ്രവർത്തിക്കുന്നതിന് അസംസർഗ ആഗ്രഹം മതി രജത സംസർഗ്ഞാനത്തിന്റെ ആവശ്യം ഇല്ല എന്നാണ് ആര് പറയുന്നത് രണ്ടടത്ത് രണ്ട് നിയമം ശുക്തിരഹിതാദി സംസർഗേവാദനം അതിവ്യപ്ഷം എന്താണ് തസ്യ വ്യവഹാര വിഷയത്തി അഭിതർ ജ്ഞാന വിഷയത അനംഗീകാര ഷയത്ഭാകരവിഷയത്രിക്കുന്നത് എന്താ ദോഷം ഇവിടെ വ്യാപ്തി അടുത്ത് നോമം എന്താണ് സ്വപ്രതിബദ്ധ വ്യവഹാര സ്വജാതീയപരാനപേക്ഷത്വം സ്വപ്രതിബന്ധ വ്യവഹാരെ സ്വസംബന്ധ വ്യവഹാരേന്ന് നടത്തും സ്വസംബന്ധ വ്യവഹാരം ചിതാത്മാത്മാവിനെ സംബന്ധിക്കുന്ന വ്യവഹാരത്ത് അഭിജ്ഞാഭിവദനം മോഹനാദി ഏത് വ്യവഹാരമായാലും സജാതീയമായ അതേ ജാതിയിൽപ്പെട്ട മറ്റൊന്നിനെ അപേക്ഷിക്കുന്നുണ്ട് അതാണ് സ്വയം പ്രകാശത്ത് ചിതാത്മാവിനെ സംബന്ധിച്ചുള്ള ഒരു അതേ ജാതിയിൽപ്പെട്ട മറ്റൊന്നിനെ അതാണ് സ്വയം പ്രകാശം അതിവ്യാപ്തേ ഇവിടെ അതിവ്യാപ്തി ഒരു സ്വപ്രതിബദ്ധ വ്യവഹാര സ്വസംബന്ധ വ്യവഹാര സജാതീയപര അനുപേക്ഷത്വം ദീപത്തെ നോക്കുക സ്വപ്രതിബദ്ധ വ്യവഹാരേ സ്വസംബന്ധ വ്യവഹാരേ ദീപം ജാനാമി ഇത്യാദി വ്യവഹാരം അഭിവാദനം ഈ വ്യവഹാരങ്ങളിൽ സ്വപ്രതിബന്ധ വ്യവഹാരത്തിൽ സജാതീയ പരാനപേക്ഷ ദീപത്തെ അറിയുന്നതിന് സജാതീയമായ ദീപത്വജാതി ദീപാന്തര അപേക്ഷ നാസ്തി എന്നാണ് ദീപത്തെ അറിയുന്നതിന് മറ്റൊരു ദീപത്തിന്റെ ആവശ്യമില്ലർത്ഥം അതാണ് സജാതീയപരം ദീപം ദീപസജാതി പറയുമ്പോൾ ദീപത്വജാതിയുള്ള ഒന്നാണ് ദീപം അങ്ങനെ ദീപത്വജാതിയുള്ള മറ്റൊരു ദീപം കൊണ്ടാണോ ദീപത്തെ കാണുന്നത് അപ്പൊ ദീപജ്ഞാനത്തിന് സജാതീയമായ മറ്റൊരു ദീപത്തിന്റെ ആവശ്യം ഇല്ല ചിതാത്മാവിന്റെ ലക്ഷണം പോയി എന്ത് സംഭവിച്ചു ഘടത്തിന് നോക്കുക ഘടകം ഘടത്തെ അറിയുന്നതിന് സജാതീയമായ എന്നുവെച്ചാ ഘടത്വജാതിയുള്ള മറ്റൊരു ഘടത്തിന്റെ അപേക്ഷ ഇല്ല ഉണ്ടോ ഘടത്തിന്റെ ജ്ഞാനത്തിന് ദീപത്തിന്റെ അപേക്ഷ വരും പക്ഷെ അത് ദീപത്തിന്റെ വ്യവഹാരത്തിന് ജ്ഞാനത്തിന്റെ അപേക്ഷ വരും അത് സജാതീയമുണ്ട് സജാതി അതിന്റെ ജാതിയെ തന്നെ എടുക്കണം ദീപത്തിന്റെ സജാതിയും ദീപത്വജാതിയുള്ള ദീപവും ഘടത്തിന്റെ സജാതീയം ഘടത്വജാതിയുള്ള ഘടത്വം എടുത്തുകഴിഞ്ഞാൽ സജാതീയ പര അനപേക്ഷത്വം ദീപത്തിനും വരുന്നു ഘടത്തിലും വരുന്നു സജാതീയ പരാനപേക്ഷത്വം ദീപത്തിലും ഘടത്തിലും ും പോയിന്ന് പറയുന്നത് നാവിനോമ്രതിബദ്ധ വ്യവഹാരേ സജാതിയ പര അനുപേക്ഷോ ഘടാതോ ജഭാവേന പ്രതിപാദികളും ഘടാദികളും ഏതാനും പറയാനുള്ളത് ഭാവേന സത്വേന അതിവ്യാപ്തേ ലക്ഷണത്തിലെ അതിവ്യാപ്തി ദോഷം പതുപരീതിക്കാൻ വേണ്ടി പറയുന്നു സത്തയാവഹാരതയാ ത ീയം എന്നുള്ളതുകൊണ്ട് സത്താജാതി എടുക്കും ദീപ വ്യവഹാരം സജാതീയ പര അനുപേക്ഷത്വം ദീപത്തിൽ വരത്തില്ലെന്നാണ് ദീപത്തിന്റെ ജാതിയായിട്ട് ദീപത്വത്തെ എടുക്കുമ്പോഴാണ് ദോഷം വരുന്നു ദീപത്തിൽ സത്താജാതിയുണ്ട് ദ്രവീയ ഗുണകർമ്മ മൂന്നിന് സത്തയുണ്ട് അപ്പൊ ദീപത്തിലിരിക്കുന്ന സത്താജാതിലുമുണ്ട് എന്തുകൊണ്ട് ജ്ഞാനത്തിലെ സത്ത ഒന്നും ഗുണം അപ്പൊ സത്താജാതി എടുത്തു പരമായി ജ്ഞാനം അപ്പൊ ദീപ വ്യവഹാരത്തിന് പരമായ ജ്ഞാനത്തിന്റെ അപേക്ഷയുണ്ടോ സജാതീയപരമായി ഞാനാപേക്ഷ ഒന്നും അനപേക്ഷത്വം വന്നിട്ടില്ല ഘടകത്തിനും അത് തന്നെ ഘടത്തിന്റെ വ്യവഹാരത്തിന് ജ്ഞാനം വേണം ഘടത്തിന്റെ ജാതിയായിട്ട് ഘടത്വത്തിൽ എടുക്കാൻ സത്ത എടുക്കണം സജാതീയമായ പരമായി ജ്ഞാനം ഇപ്പൊ ഘട വ്യവഹാരത്തിന് സജാതീയമായ പര അപേക്ഷത്വം ഒന്ന് അനപേക്ഷത്വം ഒന്നാണ് സജാതീയമായ പരം എന്തെന്റെ ആവശ്യമുണ്ട് ജ്ഞാനം എന്തുകൊണ്ടാണ് സത്താജാതിയാണ് ഘടത്തിന് സത്തയുണ്ട് അപ്പൊ സജാതീയമായ സത്താസജാതീയമായ ഘടജാനത്തിനുണ്ട് ഘടകം എന്തിനെടുക്കും ഘടജനത്തെ എടുക്കും ജാതി കൊണ്ട് എങ്ങനെയെടുക്കും ഞാൻ അനപേക്ഷത്തിൽ അപേക്ഷത്തിലും അതിവ്യാപ്തി <laughs> <laughs> ദീപത്തിലാണോ ഘടത്തിലാണോ ലക്ഷണം സമന്വയിക്കുന്നത് ഏതാണോ അതിവ്യാപ്തി വരുമ്പോ ദീപത്തിലാണോ സമന്വയിക്കുന്നത് ഘടത്തിലാണോ സമന്വയിക്കുന്ന കാര്യം ചോദിച്ചത് ദീപത്തിലാണോ കടത്തിലാണോ അതിവ്യാപ്തി സമന്വയിച്ചത് ഇതാണ് ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട വിഷയം എന്ന് പറയുന്നത് അതിവ്യാപ്തി വരുമ്പോ ും ഘടത്തിലും അല്ല സമന്വയിക്കുന്നു ത്തിലാണ് സമന്വയിക്കുന്നത് ദീപത്തിൽ അല്ല സമന്വയിക്കുന്നത് ഘടകം ഉണ്ടാകുമ്പോ സജാതീയ വ്യവഹാരമെന്നുള്ള <laughs> ില്ല ദീപമാണോ ദീപ വ്യവഹാരമാണോ ദീപത്തിലോ ദീപ സ്വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീപത്തെ ആണെങ്കിലോ അല്ലെങ്കിൽ ദീപാണോ അപ്പോ സ്വപ്രതിബന്ധ്യം ദീപത്തെ ദീപ വ്യവഹാരം അല്ലെങ്കിൽ സജാതീയപര അനപേക്ഷത്വം വന്നു കഴിഞ്ഞാൽ അതിവ്യാപ്തി വരും എവിടെ സംവർന്നയട ലക്ഷണം ലക്ഷണം അലക്ഷ്യത്തിൽ സമന്വയിച്ചാൽ ദോഷയട ഒരു ലക്ഷണത്തിൽ അലക്ഷ്യത്തിൽ അല്ല സത്വേന പ്രതിഭാതില എന്താ ഉള്ളത് എന്താണ് പ്രതിഭാതലും ഘടതലും ഉള്ളത് വ്യാഹാര മുദാസോ പ്രതിബന്ധ വ്യവഹാരസ്യ പ്രതിഭാദോ ഘടാദോ ജ സത്വേന ലക്ഷണേ അദിയാതി ദോഷഃ കരി നിസാര la नमो नमः स्वप्रतिबद्धव्यवहारे सजादिय पर अनुवेष्टत्वस्य स्वप्रतिबद्धव्यवहारे सत्वमी सदा स्वप्रतिपद स्वप्रतिबन्ध व्यवहारनिष्ठ सजादिय पर अनुवेष्ट स्वप्रतिबंध स्वप्रतिबद्ध व्यवहारनिष्ठ सजादिय पर अनुवेष्टत्वस्य प्रदीप आदो खटातो വഹാര ക്ഷ്യത്തെ കാണിച്ചിട്ട് അതിവ്യാപ്തി എന്ന് പറയും മനസ്സിലാക്കിക്കൊണ്ടോ അതിവ്യാപ്തി അവിടെ അല്ല പിന്നെ പക്ഷെ സാധാരണ പറയുമ്പോ അങ്ങനെ പറയത്തു അതൊക്കെ പിന്നെ വ്യാഖ്യാനത്തിലാണ് വിശദീകരിക്കുന്നത് ഇവിടെ വ്യാഖ്യാനം വായിക്കുന്നവർക്കും വ്യാഖ്യാനം ശരിക്കും ട്രാൻസ്ലേഷൻ ആയതുകൊണ്ട് വ്യക്തമാകത്തില്ല എന്തിൽ എഴുതിയിരിക്കുന്നിടത്തും ആശയക്കുഴപ്പം ആശയക്കുഴപ്പെന്നെല്ലാം മനസ്സിലാകത്തില്ല സംസ്കൃതത്തിന്റെ ഗുണം എന്തെന്ന് വെച്ചാൽ സംസ്കൃതത്തിൽ എഴുതിയിരിക്കുന്ന സംസ്കൃതം പഠിച്ചവർക്കും മനസ്സിലാവും എഴുതിയിരിക്കുന്ന ഹിന്ദി പഠിച്ചവർക്കും മനസ്സിലാകത്തില്ല എഴുതേണ്ടത് പിന്നെയോ പക്ഷെ സംസ്കൃതത്തിൽ എന്താണ് പ്രതീപാദു ഭടാ ഭാവേന എന്ന് പറയുന്നത് കൊണ്ട് പൂർവ്വത്തിലെ സപ്തമി കൊണ്ട് ഒക്കെ മനസ്സിലാക്കാൻ പറ്റും ഇതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് സംസ്കൃതത്തെ അത് പറഞ്ഞാൽ മതി പക്ഷെ ഹിന്ദിയിൽ ഹിന്ദി പഠിച്ചവർക്കും മനസ്സിലാക്കും ഹിന്ദിയെ ആശ്രയിച്ച് വ്യാഖ്യാനിക്കുന്ന നടത്തും എല്ലായിടത്തും ഈ അത് ഞാൻ ഹിന്ദി ആശ്രയിച്ച വ്യാഖ്യാനിച്ച് നിങ്ങളുടെ സ്വയം ചിന്തിച്ച് കണ്ടെത്തുമെന്നറിയ ഹിന്ദിക്കനുസരിച്ചാണ് ചിന്തിച്ചത് അതുകൊണ്ടാണ് ചോദിച്ചത് മനസ്സിലായോ എവിടെയാണ് വരുന്നത് സജാതി പരാനപേക്ഷത്വം പ്രതിപാദിയെ സംബന്ധിച്ചും ഘടത്തെ സംബന്ധിച്ചും എപ്പോഴും അതിവ്യാപ്തി അതിവ്യാപ്തി വരുമ്പം മനസ്സിലാക്കണം അലക്ഷ്യത്തിലല്ല ലക്ഷണത്തിലാണെന്ന് മനസ്സിലാക്കണം അലക്ഷ്യേ ലക്ഷണെ ലക്ഷണു അലക്ഷ്യ അത് വ്യക്തമായ അടുത്ത് പറയുന്നു സജാതീയത്വം എടുത്തു കഴിഞ്ഞാൽ ഈ ദോഷം ഒഴിവാക്കാം ཏ ཭ངིིདོས �ぎ ལླའོ རྲམཇ ཚོས དང ཟར དབྱའེ རྲམ� རྲ འཟོད རྲ ཈ར ཟོ ར ར དམག རྲོམར ར ��ོད� grab salad have a d ར ར ར ར � അനപേക്ഷത്വം അപേക്ഷ അതിവ്യാപ്തി എന്നാൽ വേറെ ദോഷം പറയുന്നു അസംഭവദോഷം വരുന്നു സ്വയം പ്രകാശ എന്നുള്ള വ്യവഹാരം ഇതൊരു വ്യവഹാരമാണല്ലോ ഒന്നുകിൽ ജ്ഞാനം ശബ്ദപ്രയോഗം അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള മറ്റെന്തെങ്കിലും പ്രവർത്തികൾ ഈ വ്യവഹാരം എന്ന് പറയുന്നത് ഇതൊരു വ്യവഹാരമാണ് ചിതാത്മാവല്ല ചിതാത്മായം എന്നുള്ള വ്യവഹാരം വ്യവഹാരത്തിന്റെ പ്രത്യേകത എന്താണോ അത് ജന്യമാണ് ആണോ ജന്യമാണ് ജന്യമായതിന് സാധാരണ കാരണങ്ങളാണ് അതൊന്നിനെടുത്ത അധിഷ്ടം ജന്യമായ സർവത്തിനും സാധാരണ കാരണമാണ് എന്ത് അധിഷ്ടം അധിഷ്ഠത്തെ ആശ്രയിക്കാതെ ഒന്നും ജന്യമാകത്തില്ല അപ്പൊ ചിതാത്മാവിനെ സംബന്ധിച്ചുള്ള വ്യവഹാരവും അതിഷ്ടത്തെ ആശ്രയിക്കുന്നു അനുസരിച്ച് പറയുക എന്തുകൊണ്ട് ഗുണമാണ് അതിഷ്ടം സജാതീയ പര അപേക്ഷ വന്നു അധിഷ്ഠം മാത്രമല്ല എന്തുകൊണ്ട് വ്യവഹാരം ജന്യമായതുകൊണ്ട് ജന്യമായ ഏതും അധിഷ്ഠാദി സാധാരണ കാരണങ്ങളെ ആശ്രയിക്കുന്നു ത്മ വ്യവഹാരമെന്ന് പറയുന്നു ജന്യമാണ് ഏത് വ്യവഹാരവും ജന്യമാണ് അപ്പോ അവിടെ എന്ന് വരുന്നു അതിന്റെ സജാതീയമായ നമ്മളിങ്ങനെ ഓടിച്ചു പറയുന്നുള്ള ഞാനീ പറഞ്ഞതിൽ തന്നെ ഒരു തകരാറുണ്ട് ഞാൻ വിശദീകരിച്ചതും ഉണ്ട് ചെറിയ പെസിനെ കണക്കിലെടുക്കാതെയാണ് ഞാൻ വിശദീകരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കും കണ്ടുപിടിക്കും നേരത്തെ പറഞ്ഞതുപോലെ ും സത്യമായിക്കുന്നു ഞാൻ പറഞ്ഞത് ഇതിലും ദോഷമുണ്ടെന്ന് ഞാൻ പറയുന്നു സജാതീയമായ പരമ ചിതാത്മാവിനെ കുറിച്ചുള്ള വ്യവഹാരം എവിടെയാലും സാധ്യമാവതല്ല ും ഇതെല്ലാം ഈ ദോഷങ്ങളൊക്കെ പറയുന്നത് താർക്കികാണ് കാരണം അന്ത്സരിച്ച് സത്തെന്ന് പറയുന്ന ഒന്നേ ഇല്ല സത്താതിയെ സ്വീകരിക്കുന്നില്ല എല്ലാം താർക്കിക മതം അനുസരിച്ചിട്ടാണ് താർക്കികന്മാരാണ് പറയുന്നത് ഇതിൽ ദോഷമുണ്ട് അവർ പറയുമ്പോ അവരെ സിദ്ധാന്തം അനുസരിച്ചല്ലേ പറയുന്നു അവരെ സിദ്ധാന്തം അനുസരിച്ച് പരവും അവരുമെല്ലാം പറയാം ദോഷം പരവെന്ന് വെച്ചാൽ അന്യം കർക്കീന്മാർ ഉപയോഗിക്കുന്നു െ കുറിച്ചുള്ള ഞാനും ഉണ്ടാവുന്നുണ്ടോ അഹം ഇങ്ങനെയൊക്കെ അപ്പോ ഇപ്പൊ ഈ പറഞ്ഞത് മനസ്സിലാക്കുക ബാക്കിയുള്ളത് വീട്ടിൽ പോയിട്ട് ആലോചിച്ചു സജാതീയമായ പരമായി സത്താജാതിയ അപേക്ഷ വന്നു ചിതാത്മ വ്യവഹാരത്തിലും അനപേക്ഷം വരുന്നില്ല സമന്യിക്കുന്നില്ല അസംഭവദോഷം എവിടെയെങ്കിലും സമന്വയിക്കുന്നുണ്ടോ എവിടത്തും സമന്യിക്കുന്നില്ല എവിടെ എടുത്താലും ശരി ഏത് വ്യവഹാരത്തെ എടുത്താലും ശരി സജാതീയമായ ഏതിൻ്റെ വ്യവഹാരത്തെടുത്താലും സജാതീയമായ പരമായിട്ട് അദൃഷ്ടത്തെ എടുക്കും അതിന്റെ അപേക്ഷ വരും കാരണം അത് ജനകമായതും വ്യവഹാര ജനകമായതുകൊണ്ട് സാധാരണ കാരണമായി സ്വീകരിച്ചിരിക്കുന്നു അപ്പോഹാരം അവിടെയും സജാതീയ പറഞ്ഞിരിക്കുന്നത് അവിടെ എല്ലാം സജാതീയപര എന്തിനൊക്കെ പക്ഷെ സജാതീയ പരത്തെ അത് തന്നെയാകം ഒരു ദീപത്തിന്റെ സത്തയാ സജാതിയത്വ സത്തയിലൂടെ സജാതീയത്വം പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യവഹാരം എന്ത് ചെയ്യുന്നത് അസംഭവിണം അസംഭവിയാണ് അസംഭവി അവസാനിക്കും എന്തെങ്കിലും ഈ പറഞ്ഞതിൽ ആദ്യം മനസ്സിലാക്കുക എന്തെങ്കിലും പോരായ്മകളിൽ കണ്ടുപിടിക്കുക